അതോ നിങ്ങളെ വീണ്ടും കടലിലേക്ക് തിരിച്ചയക്കുകയും നിങ്ങളുടെ കുഫ്രി കാരണം ശക്തമായ കാറ്റയച്ച് നിങ്ങളെ മുക്കിക്കൊല്ലുകയും ചെയ്യില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ പക്കൽ നിന്ന് നിങ്ങൾക്കൊരു സഹായിയേയും കണ്ടെത്താനാവില്ല